എന്നാൽ നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ എന്നിലേക്ക് പങ്കുചേർക്കാൻ അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കരുത് എങ്കിലും ദുനിയാവിൽ നീ അവരോട് മാന്യമായി പെരുമാറുക എന്നിലേക്കു മടങ്ങിയവന്റെ മാർഗത്തെ നീ പിന്തുടരുക പിന്നീട് നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു